തങ്ങളുടെ മതത്തെ പലതായി വിഭജിക്കുകയും വിഭാഗങ്ങളായി മാറുകയും ചെയ്തവർ തീർച്ചയായും അവരിൽ നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അവരുടെ കാര്യം അള്ളാഹു സുബാനഹു വല വിനാണ് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ അവരെ അറിയിക്കുന്നതാണ്